ം നാല് യെഹൂദ് മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു യഹോവ അവരെ ഹാസോരിൽ വാണ കനാന്യരാജാവായ വിറ്റുകളഞ്ഞു അവന്റെ സേനാപതി ജാതികളുടെ ഹരോശത്തിൽ പാർത്തിരുന്ന സീസര ആയിരുന്നു അവന് തൊള്ളായിരം ഇരുമ്പു രഥം ഉണ്ടായിരുന്നു അവൻ ഇസ്രയേൽ മക്കളെ ഇരുപത് സംവത്സരം കഠിനമായി ഞെരുക്കിയതുകൊണ്ട് ഇസ്രയേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു ആ കാലത്ത് ലപ്പിദോത്തിന്റെ ഭാര്യയായ ബെബോര എന്ന പ്രവാചകി ഇസ്രയേലിൽ ന്യായപാലനം ചെയ്തു അവൾ യഫ്രൈം പർവ്വതത്തിൽ രാമയ്ക്കും ബേധേലിനും മധ്യേയുള്ള ഡെബോരയുടെ ഈന്തപ്പനയുടെ കീഴിൽ പാർട്ടിരുന്നു ഇസ്രയേൽ മക്കൾ ന്യായവിസ്താരത്തിന് അവളുടെ അടുക്കൽ ചെല്ലുക പതിവായിരുന്നു അവൾ അബിനോവാമിന്റെ മകനായ ബാരാഖിനെ കെദ് നഫ്താലിയിൽ നിന്ന് വിളിപ്പിച്ച് അവനോട് നീ പുറപ്പെട്ട് താബോർ പർവ്വതത്തിൽ ചെന്ന് ഫ്താലിയുടെയും സെബൂലുവിന്റെയും മക്കളിൽ പതിനായിരം പേരെ കൂട്ടിക്കൊള്ളുക ഞാൻ യാബിന്റെ സേനാപതി സീസരയെയും അവന്റെ രഥങ്ങളെയും സൈന്യത്തെയും കിശോൻ തോട്ടിൻ അരികെ നിന്റെ അടുക്കൽ കൊണ്ടുവന്ന് നിന്റെ കൈയ്യിലേൽപ്പിക്കുമെന്ന് ഇസ്രയേലിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു ബാരാ നീ എന്നോടു കൂടെ വരുന്നെങ്കിൽ ഞാൻ പോകാം നീ വരുന്നില്ല എങ്കിൽ ഞാൻ പോകയില്ല എന്നു പറഞ്ഞു അതിനവൾ ഞാൻ നിന്നോടു കൂടെ പോരാം എന്നാൽ നീ പോകുന്ന യാത്രയാൽ ബഹുമാനം നിനക്ക് യഹോവ സീസരയെ ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊടുക്കും എന്നു പറഞ്ഞു അങ്ങനെ ദബോര എഴുന്നേറ്റ് ബാരാഖിനോടുകൂടെ കേദശിലേക്ക് പോയി സിബുലുനെയും നഫ്താലിയെയും കേദശിൽ വിളിച്ചുകൂട്ടി അവനോടുകൂടെ പതിനായിരം പേർ കയറി ചെന്നു ദബോരിയും കൂടെ കയറിച്ചെന്നു എന്നാൽ കേന്യനായ ഹേബർ മേശയുടെ അളിയൻ ഹോബാബിന്റെ മക്കളായ കേന്യരെ വിട്ടുപിരിഞ്ഞു കേദശൻ അരികെയുള്ള സാനമിന്റെ കരുവേലകം വരെ കൂടാരം അടിച്ചിരുന്നു അബിനോവാബിന്റെ മകനായ ബാരാഖ് താബോർ പർവ്വതത്തിൽ കയറിയിരിക്കുന്നു എന്ന് സീസരയ്ക്ക് അറിവ് കിട്ടി സീസര തന്റെ തൊള്ളായിരം ഇരുമ്പുരഥവുമായി തന്റെ എല്ലാ പടജനത്തെയും ജാതികളുടെ ഹരോശ്യത്തിൽ നിന്ന് കീശോൻ തോട്ടിനരികെ വിളിച്ചുകൂട്ടി അപ്പോൾ ദബോര ബാരാഖിനോട് പുറപ്പെട്ടു ചൊല്ലുക യഹോവ ഇന്ന് സീസരയെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു യഹോവ നിനക്ക് മുമ്പായി പുറപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ബാരാക്കും അവന്റെ പിന്നാലെ പതിനായിരം പേരും താബോർ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്നു യഹോവ സീസരയെയും അവന്റെ സകല രഥങ്ങളെയും സൈന്യത്തെയും ബാരാഖിന്റെ മുമ്പിൽ വാളിന്റെ വൈത്തലയാൽ തോൽപ്പിച്ചു സീസര രഥത്തിൽ നിന്നിറങ്ങി കാൽനടയായി ഓടിപ്പോയി രഥങ്ങളെയും സൈന്യത്തെയും ജാതികളുടെ ഹരോശത്തുവരെ ഓടിച്ച് സീസരയുടെ സൈന്യമൊക്കെയും വാളിന്റെ വൈത്തലയാൽ വീണു ഒരുത്തനും ശേഷിച്ചില്ല എന്നാൽ സീസര കാൽനടയായി കേന്യനായ ഹേബരന്റെ ഭാര്യ യാലിന്റെ കൂടാരത്തിലേക്ക് ഓടിപ്പോയി കേന്യനായ ഹേബരന്റെ ഗ്രഹവും ഹാസോർ രാജാവായ യാബീനും തമ്മിൽ സമാധാനമായിരുന്നു യായേ സീസരയെ എതിരേറ്റു ചെന്ന് അവനോട് ഇങ്ങോട്ട് കയറിക്കൊള്ളുക യജമാനെ ഇങ്ങോട്ട് കയറിക്കൊള്ളുക ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു അവൻ അവളുടെ അടുക്കൽ കൂടാരത്തിൽ കയറിച്ചെന്നു അവളവനെ ഒരു പരവതാനി കൊണ്ട് മൂടി അവൻ അവളോട് എനിക്ക് ദാഹിക്കുന്നു കുടിപ്പാൻ കുറെ വെള്ളം തരയണമേ എന്ന് പറഞ്ഞു അവൾ പാൽ തുരത്തി തുറന്ന് അവന് കുടിപ്പാൻ കൊടുത്തു പിന്നെയും അവനെ മൂടി അവനവളോട് നീ കൂടാരവാതുക്കൽ നിൽക്ക വല്ലവനും വന്ന് ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയണം എന്നു പറഞ്ഞു എന്നാൽ ഹേബരന്റെ ഭാര്യ ായേൽ കൂടാരത്തിന്റെ ഒരു കുറ്റിയെടുത്ത് കയ്യിൽ ചുറ്റുകയും പിടിച്ച് പതുക്കെ അവന്റെ അടുക്കൽ ചെന്ന് കുറ്റി അവന്റെ ചെന്നിയിൽ തറച്ചു അത് നിലത്ത് ചെന്ന് ഉറച്ചു അവന് ഗാഠനിദ്ര ആയിരുന്നു അവൻ ബോധം കെട്ട് മരിച്ചുപോയി ബാരാഖ് സീസരെ തിരഞ്ഞു ചെല്ലുമ്പോൾ യാേൽ അവനെ എതിരേറ്റ് അവനോട് വരിക നീ അന്വേഷിക്കുന്ന ആളെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു അവൻ അവളുടെ അടുക്കൽ ചെന്നപ്പോൾ സീസര ചെന്നിയിൽ കുറ്റിയുമായി മരിച്ചു കിടക്കുന്നത് കണ്ടു ഇങ്ങനെ ദൈവം അന്ന് കനാന്യരാജാവായ യാബീനെ ഇസ്രയേൽ മക്കൾക്ക് കീഴടക്കി ഇസ്രയേൽ മക്കൾ കനാന്യരാജാവായ യാബീനെ നിർമൂലമാക്കും വരെ അവരുടെ കൈ കനാന്യ രാജാവായ യാബിയിന് മേൽക്കുമേൽ ഭാരമായി തീർന്നു